ം പതിനെട്ട് യഹോ ഷഫത്തിന് ധനവും മാനവും വളരെ ഉണ്ടായിരുന്നു അവൻ ആഹാബിനോട് സംബന്ധം കൂടി ചില സംവത്സരം കഴിഞ്ഞ ശേഷം അവൻ ശമരിയയിൽ ആഹാബിന്റെ അടുക്കൽ ചെന്നു ആഹാബ് അവനും കൂടെയുണ്ടായിരുന്ന ജനത്തിനും വേണ്ടി വളരെ ആടുകളെയും കാളകളെയും അറുത്തു ഗിലയാദിലെ രാമോത്തിലേക്ക് തന്നോടുകൂടെ ചെല്ലേണ്ടതിന് അവനെ വശീകരിച്ചു ഇസ്രയേൽ രാജാവായ അഹാബ് യഹൂദ രാജാവായ യഹോ നീ എന്നോടു കൂടെ രാമോത്തിലേക്ക് പോരുമോ എന്ന് ചോദിച്ചു അവനവനോട് ഞാനും നീയും എന്റെ ജനവും നിന്റെ ജനവും ഒരുപോലെയല്ലോ ഞങ്ങൾ നിന്നോടു യുദ്ധത്തിന് പോരാം എന്നു പറഞ്ഞു യഹോ ഇസ്രയേൽ രാജാവിനോട് ഇന്ന് യഹോവയുടെ അരുളപ്പാട് ചോദിച്ചാലും എന്ന് പറഞ്ഞു ഇസ്രയേൽ രാജാവ് നാനൂറ് പ്രവാചകന്മാരെ വരുത്തി അവരോട് ഞങ്ങൾ ഗിലയാദിലെ രാമത്തിലേക്ക് യുദ്ധത്തിന് പോകയോ പോകാതിരിക്കുകയോ എന്തു വേണ്ടു എന്ന് ചോദിച്ചു അതിനവർ പ്പാട് ചോദിക്കേണ്ടതിന് ഇവിടെ യഹോവിയുടെ പ്രവാചകനായിട്ട് ഇനി ആരുമില്ലയോ എന്ന് ചോദിച്ചു അതിന് ഇസ്രയേൽ രാജാവ് യഹോ നാം യഹോവിയോട് അരുളപ്പാട് ചോദിപ്പാൻ തക്കവണ്ണം ഇനി ഒരുത്തനുണ്ട് എന്നാൽ അവൻ എന്നെക്കുറിച്ച് ഒരിക്കലും ഗുണമല്ല എല്ല ഇപ്പോഴും ദോഷം തന്നെ പ്രവചിക്കുന്നതുകൊണ്ട് എനിക്കവനെ ഇഷ്ടമല്ല അവൻ ഇമ്ളയുടെ മകനായ മീഖായാവ് എന്നു പറഞ്ഞു രാജാവ് അങ്ങനെ പറയരുതേ എന്നു യഹോ ഷാഫാത്ത് പറഞ്ഞു അങ്ങനെ ഇസ്രയേൽ രാജാവ് ഒരു ഷണ്ണനെ വിളിച്ചു ഇമ്ളയുടെ മകനായ മീഖായാവെ വേഗം കൂട്ടിക്കൊണ്ടുവരിക എന്ന് കൽപ്പിച്ചു ഇസ്രയേൽ രാജാവും യഹൂദ രാജാവായ യഹോ രാജവസ്ത്രം ധരിച്ച് ശമരിയുടെ പടിവാതിൽ പ്രവേശനത്തിങ്കൽ ഒരു വിശാല സ്ഥലത്ത് താന്താന്റെ സിംഹാസനത്തിൽ ഇരുന്നു പ്രവാചകന്മാരൊക്കെയും അവരുടെ സന്നിധിയിൽ പ്രവചിച്ചുകൊണ്ടിരുന്നു കെനയനയുടെ മകനായ സിതക്കിയാവോ തനിക്ക് ഇരുമ്പുകൊണ്ട് കൊമ്പുണ്ടാക്കി നീ ഇവ കൊണ്ട് അവർ ഒടുങ്ങും വരെ കുത്തിക്കളയും എന്നിപ്രകാരം യഹോ വരുളി ചെയ്യുന്നു എന്ന് പറഞ്ഞു പ്രവാചകന്മാരൊക്കെയും അങ്ങനെ തന്നെ പ്രവചിച്ചു ഗിലയാദിലെ രാമോട്ടിലേക്ക് പുറപ്പെടുക നീ കൃതാർത്ഥനാകും യഹോവാദ രാജാവിന്റെ കയ്യിൽ ഏൽപ്പിക്കും എന്നു പറഞ്ഞു മീഖായാവി വിളിപ്പാൻ പോയ ദൂതനവനോട് നോക്കൂ പ്രവാചകന്മാരുടെ വാക്കുകൾ ഒരുപോലെ രാജാവിന് ഗുണമായിരിക്കുന്നു നിന്റെ വാക്കും അവരിൽ ഒരുത്തന്റേതുപോലെ ഇരിക്കട്ടെ നീയും ഗുണമായി പറയണമേ എന്നു പറഞ്ഞു അതിന് മീഖായാവും യഹോവയാണെ എന്റെ ദൈവമരളി ചെയ്യുന്നത് തന്നെ ഞാൻ പ്രസ്താവിക്കും എന്ന് പറഞ്ഞു അവൻ രാജാവിന്റെ അടുക്കൽ വന്നപ്പോൾ രാജാവ് അവനോട് മീഖായാവേ ഞങ്ങൾ ഗിലയാതിലെ രാമത്തിലേക്ക് യുദ്ധത്തിന് പോകയോ പോകാതിരിക്കുകയോ എന്തു വേണ്ടു എന്ന് ചോദിച്ചു അതിനവൻ പുറപ്പെടുവീൻ നിങ്ങൾ കൃതാർത്ഥരാകും അവർ നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടും എന്ന് പറഞ്ഞു രാജാവവനോട് നീ യഹോവയുടെ നാമത്തിൽ സത്യമല്ലാതെ യാതൊന്നും എന്നോട് പറയരുതെന്ന് എത്ര പ്രാവശ്യം ഞാൻ നിന്നോട് സത്യം ചെയ്തു പറയണം എന്ന് ചോദിച്ചു അതിനവൻ ഇടയിലില്ലാത്ത ആടുകളെപ്പോലെ ഇസ്രയേലൊക്കെയും പർവ്വതങ്ങൾ ചിതറിയിരിക്കുന്നത് ഞാൻ കണ്ടു അപ്പോൾ യഹോവ ഇവർക്ക് നാഥനില്ല ഇവർ ഓരോരുത്തൻ താൻ തന്റെ വീട്ടിലേക്ക് സമാധാനത്തോടെ മടങ്ങിപ്പോകട്ടെ അപ്പോൾ ഇസ്രയേൽ രാജാവ് യഹോ ഇവൻ എന്നെ കുറിച്ച് ഗുണം പ്രവചിക്കയില്ല എന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലയോ എന്ന് പറഞ്ഞു അതിനവൻ പറഞ്ഞത് എന്നാൽ യഹോവയുടെ വചനം കേട്ടുകൊൾവിൻ യഹോവ തന്റെ സിംഹാസനത്തിൽ ഇരിക്കുന്നതും സ്വർഗത്തിലെ സൈന്യമെല്ലാം അവന്റെ വലത്തും ഇടത്തും നിൽക്കുന്നതും ഞാൻ കണ്ടു േൽ രാജാവായ ആഹാബു ചെന്ന് ഗിലയാദിലെ രാമത്തിൽ പട്ടുപോകേണ്ടതിന് അവനെ ആർ വശീകരിക്കുമെന്ന് യഹോവ ചോദിച്ചതിന് ഒരുത്തൻ ഇങ്ങനെയും ഒരുത്തൻ അങ്ങനെയും പറഞ്ഞു എന്നാറെ ഒരാത്മാവ് മുമ്പോട്ട് വന്ന് യഹോവയുടെ സന്നദ്ധിയിൽ നിന്നു ഞാൻ അവനെ വശീകരിക്കും എന്ന് പറഞ്ഞു യഹോവ അവനോട് ഏതിനാൽ എന്ന് ചോദിച്ചു അതിനവൻ ഞാൻ ചെന്ന് അവന്റെ സകല പ്രവാചകന്മാരുടെയും വായിൽ ഭോഷ്കിന്റെ ആത്മാവായിരിക്കും എന്ന് പറഞ്ഞു നീ അവനെ വശീകരിക്കും നിനക്ക് സാധിക്കും നീ ചെന്ന് അങ്ങനെ ചെയ്യുക എന്ന് അവൻ കൽപ്പിച്ചു ആകെയാലിതാ യഹോവ ഭോഷ്കിന്റെ ആത്മാവിനെ നിന്റെ ഈ പ്രവാചകന്മാരുടെ വായിൽ കൊടുത്തിരിക്കുന്നു യഹോവ നിന്നെക്കുറിച്ച് അനർത്ഥം ുന്നു അപ്പോൾ കെനയനയുടെ മകനായ സിതക്യാവ് അടുത്തു ചെന്ന് മീഖായാവെ ചെകിട്ടത്ത് അടിച്ചു നിന്നോട് സംസാരിപ്പാൻ യഹോവയുടെ ആത്മാവ് എന്നെ വിട്ട് ഏതു വഴിയായി കടന്നുവന്നു എന്ന് ചോദിച്ചു അതിന് മീഖായാവ് നീ ഒളിക്കേണ്ടതിന് അറ തേടി നടക്കുന്ന ദിവസത്തിൽ നീ കാണും എന്നു പറഞ്ഞു അപ്പോൾ ഇസ്രയേൽ രാജാവ് പറഞ്ഞത് നിങ്ങൾ മീഖായാവെ പിടിച്ച് നഗരാധിപതിയായ ആമോന്റെയും രാജകുമാരനായ യോവാശിന്റെയും അടുക്കൽ കൊണ്ടുചെന്ന് ഇവനെ കാരാഗ്രഹത്തിലാക്കി ഞാൻ സമാധാനത്തോടെ മടങ്ങിവരുവോളം ഞെരുക്കത്തിന്റെ അപ്പവും ഞെരുക്കത്തിന്റെ വെള്ളവും കൊണ്ട് പോഷിപ്പിക്കേണ്ടതിന് രാജാവ് കൽപ്പിച്ചിരിക്കുന്നു എന്ന് പറവി അതിന് മീഖായാവ് ധാനത്തോടെ മടങ്ങിവരുന്നുണ്ടെങ്കിൽ യഹോവ ഞാൻ മുഖാന്തരം അരുളി ചെയ്തിട്ടില്ല എന്നു പറഞ്ഞു സകല ജാതികളുമായുള്ളവരെ കേട്ടുകൊള്ളുവീൻ എന്നും അവൻ പറഞ്ഞു അങ്ങനെ ഇസ്രയേൽ രാജാവും യഹൂദ രാജാവായ യഹോ ഷാഫാത്തും ഗിലയാദിലെ രാമത്തിലേക്ക് പോയി എന്നാൽ ഇസ്രായേൽ രാജാവ് യഹോ ഷാഫാത്തിനോട് ഞാൻ വേഷം മാറി പടയിൽ കടക്കും രാജവസ്ത്രം ധരിച്ചു എന്ന് പറഞ്ഞു അങ്ങനെ ഇസ്രായേൽ രാജാവ് വേഷം മാറി അവർ പടയിൽ കടന്നു എന്നാൽ അരാം രാജാവ് തന്റെ രഥനായകന്മാരോട് നിങ്ങൾ ഇസ്രായേൽ രാജാവിനോട് മാത്രമല്ലാതെ ചെറിയവരോടോ വലിയവരോടോ യുദ്ധം ചെയ്യരുത് എന്ന് കൽപ്പിച്ചിരുന്നു ആകയാൽ രഥനായകന്മാർ യഹോഷഫത്തിനെ കണ്ടപ്പോൾ ഇവൻ തന്നെ ഇസ്രായേൽ രാജാവ് എന്ന് പറഞ്ഞ് അവനോട് പൊരുതുവാൻ തിരിഞ്ഞു എന്നാൽ യഹോ ഷഫാത്ത് നിലവിളിച്ചു യഹോവാവനെ സഹായിച്ചു അവനെ വിട്ടുപോകുവാൻ ദൈവം അവർക്ക് തോന്നിച്ചു അവൻ ഇസ്രയേൽ രാജാവല്ല എന്ന് രഥനായകന്മാർ കണ്ടിട്ട് അവർ അവനെ പിന്തുടരാതെ മടങ്ങിപ്പോയി എന്നാൽ ഒരുത്തൻ എതിർച്ച വില്ലുകുലച്ച് ഇസ്രയേൽ രാജാവിനെ കവചത്തിനും പതക്കത്തിനുമിടയ്ക്ക് എഴുതു അവൻ തന്റെ സാരഥിയോട് നിന്റെ കൈതിരിച്ച് എന്നെ പടയിൽ നിന്ന് കൊണ്ടുപോകാൻ ഞാൻ കഠിനമായി മുറിവേറ്റിരിക്കുന്നു എന്ന് പറഞ്ഞു അന്നു പട കഠിനമായി തീർന്നതുകൊണ്ട് ഇസ്രയേൽ രാജാവ് സന്ധ്യവരെ അരാമ്യർക്കെതിരെ രഥത്തിൽ നിവർന്നു നിന്നു സൂര്യൻ അസ്തമിക്കുന്ന സമയത്ത് അവൻ മരിച്ചുപോയി